എല്ലാവർക്കും പ്രണാമം നമ്മളിന്ന് പരീക്ഷിക്കുന്നത് ബ്രഹ്മ എന്താണ് അതാണ് ചർച്ച ചെയ്യുന്നത് ആരോടെ ഒരു ദിവസം ശുഖനം പരീക്ഷിക്കാൻ പരമ സത്യം വെളിപ്പെടുത്തി കൊടുത്ത് എന്താ എന്താണ് സത്യം ഈ പ്രപഞ്ചം ആയി കാണുന്ന നിലനിൽപ്പിന്റെ പരമ കാരണം കണ്ടെത്തുക ഇതാണ് സത്യാഗ്രേഷണം പരമകാരണം എന്ന് വെച്ചാൽ ഈ ഉണ്ടായി മറയുന്ന പ്രപഞ്ചഘടകങ്ങൾ ഏതിൽ ഉണ്ടാകുന്നു ഏതിൽ നിലനിൽക്കുന്നു ഏതിൽ തിരിച്ചിലയിക്കുന്നു ഇത് കണ്ടെത്തുക ശാസ്ത്രീയമായി കണ്ടെത്തുക ഉപനിഷത്തിലെ ശിഷ്യന്മാരുടെ ഒരേ ഒരു ചോദ്യമതാണ് ഗുരുക്കന്മാർ യഥോ ഇമാനിഭൂതാനി ജായന് ഏതിലാണ് ഈ പ്രപഞ്ച ഹൃദയങ്ങൾ ഉണ്ടായി വരുന്നത് ഏമാതാനി ജീവന്തി ഏതിലാണിവ നിലനിൽക്കുന്നത് എം പ്രേമന്തി അഭിസംവിശന്തി ഏതിൽ തിരിച്ചിലിരിക്കുന്നു ഇതാണ് ചോദ്യം ഇതിന് മായ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ പരമ കാരണം കണ്ടെത്തണം അതാണ് ഉപനിഷത്തുക്കളിലെ സത്യാന്വേഷണം ഉപനിഷത്തുക്കൾ പ്രതിപാദിച്ച ആ പരമ സത്യം തന്നെയാണ് ശുഖൻസൻ പരീക്ഷിത്തിന് വ്യക്തമാക്കി കൊടുത്തത് അതുകൊണ്ടാണ് ഭാഗവതം മംഗളശ്ലോകത്തിലും ഉപസംഹാര ശ്ലോകത്തിലും അവസാനം സത്യം പരം ധിമഹി എന്ന് പറയുന്നത് ഈ പരമകാരണം എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക പരമകാരണത്തിൻ്റെ സവിശേഷതകളൊക്കെ ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല ഇവിടെ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് ബ്രഹ്മസൂത്ര ഭാഷ്യം മൂന്ന് ഉപനിഷത് ബാല്യങ്ങൾ അവ മൂക്കവായിക്കണമെന്നില്ല അതിൽ അതിൽ നാലെണ്ണത്തിലും ആരംഭത്തിൽ ഒരു ചെറിയ ലേഖനം കൊടുത്തിട്ടുണ്ട് പ്രസ്ഥാനത്രയം ഭാരതീയ തത്വചിന്തയിൽ അതിൽ ഈ പരമകാരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായും വിശദമായും ചർച്ച ചെയ്യുന്നുണ്ട് നാല് വള്ളിത്തിലും ഈ ലേഖനം കൊടുക്കാൻ ഇടയായത് തന്നെ ആരെങ്കിലും ഒരു വള്ളിനെങ്കിലും വാങ്ങിക്കുന്നയാൾ ആദ്യം കൊടുത്തിട്ടുള്ള ഈ ലേഖനം എന്ന് വായിച്ചു നോക്കട്ടെ പരമകാരണം സ്പഷ്ടമായി തെളിയും അതോടുകൂടി ശാസ്ത്രീയമായി സത്യത്തെക്കുറിച്ച് ഒരു സംശയവും പിന്നെ അവശേഷിക്കില്ല ഒന്ന് ഒന്ന് ഏതെങ്കിലും ഒരു വള്ളി വായിച്ചതൊന്ന് വായിച്ചതൊക്കെ എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നെങ്കിൽ ഇവിടെ അറിയിച്ചാൽ നമുക്ക് പരിഹരിക്കാമെന്നുള്ളൂ പരമകാരണത്തിന് ചില പ്രത്യേകതകളുണ്ട് അത് ചുരുക്കത്തിൽ ഗീത ഗീതയുടെ നമ്മളൊന്നും പറയാറുള്ള ആ ശ്ലോകം ഒന്ന് ചിന്തിച്ചു നോക്കുക നിത്യ സർവഗത സ്ഥാണു അചലോയം സനാതന പരമകാരണം നിത്യമായിരിക്കണം എന്നാൽ ജനിച്ചു മരിക്കുന്നതായി കൂടെ ജനിക്കാത്തതും മരിക്കാത്തതുമായിരിക്കണം നിത്യ സർവക പരമകാരണമാണോ അത് കാര്യമുള്ള എല്ലായിടത്തും നിറഞ്ഞകവും പുറവും നിറഞ്ഞ് നിൽക്കണം നിന്നേ തീരു സ്ഥാനവും അതിന് ഒരു ഉറപ്പ് വേണം ഇന്ന് ഒരിടത്ത് നാളെ ഒരിടത്ത് അങ്ങനെ പറ്റില്ല അത് നിൽക്കുന്നിടത്തൊന്നും അവിടെ തന്നെ നിൽക്കണം അചല ചലിക്കാൻ പാടില്ല ഉള്ളിലോ പുറത്തോ ചലനം സാധ്യമല്ല ചലിച്ചാൽ വികാരം ജനിച്ചു മരിക്കുന്നതാകും അത് പരവകാരണം ആവില്ല അപ്പൊ നിത്യ സർവഗത്വ അചലോയം സനാതന എന്നും ഉണ്ടായിരിക്കണം അതാണ് ഈ സനാതനമായ സത്യം നമ്മൾ ഉപനിഷത്തുക്കൾ കണ്ടതുകൊണ്ടാണ് ഉപനിഷ്ധർമ്മത്തെ സനാതനധർമ്മം ചെയ്യുന്ന സത്യത്തെ വ്യക്തമായി കാട്ടിച്ചരുന്ന ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പരമകാരണം ഉള്ള നോക്കുക നമ്മളീ ജീവിതത്തിൽ കാണുന്ന സകലതും ശക്തിസ്പന്ദനൻ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉണ്ടായി മറയുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണം മുമ്പോട്ട് പോയി പരമകാരണം കണ്ടുപിടിച്ചു ദനിത്യ സർവഗത സ്ഥാനൊരചലോയൻ സനാതന അങ്ങനെ ഒരു പരമകാരണത്തെ കണ്ടെത്തി അതൊക്കെ വളരെ ലളിതമായി ഭംഗിയായി ആ ഉപന്യാസത്തിൽ പരിപാടിച്ചു ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരാണോ പരമസത്യം ശാസ്ത്രീയമായി അറിയണമെന്ന് ഉള്ളിൽ അല്പമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ഉപന്യാസം വായിച്ചൽപ്പൊന്നും ചിന്തിക്കുക അപ്പൊ മനസ്സിലാവും ഒരു സംശയമില്ല അവ ഇന്നും ഒരു പരമ കാരണം നിത്യ സർവഗത സ്ഥാനുരചലോയം സനാതനം അങ്ങനെ ഒരു പരമകാരണത്തെ കണ്ടുപിടിച്ചോ ഇനി നമുക്ക് ഇങ്ങോട്ട് ചിന്തിക്കാം അങ്ങനെ ഒരു പരമകാരണത്തെ കണ്ടുപിടിച്ചാൽ എന്താ അതിലെ നാമരൂപങ്ങളാണ് ഈ ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ അതിലെ നാമരൂപങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇവിടെ ഈ നാമരൂപങ്ങൾക്ക് നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ദൃഷ്ടാന്തം പറഞ്ഞത് സ്വർണത്തിൽ ആഭരണങ്ങളുടെ നാമരൂപം മണ്ണിൽ പാത്രങ്ങളുടെയും മറ്റു നാമരൂപം നാമരൂപങ്ങൾ പോലും ആ നിലയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ല എന്തുകൊണ്ട് സ്വർണം കഷ്ണം കഷ്ണമായി മുറിച്ച് സ്വർണ്ണമല്ലാത്ത മറ്റൊരു സ്വർണ്ണപ്പണിക്കാരനാണ് ആഭരണങ്ങൾ പണിയുന്നത് ഇവിടെ ഈ പരമകാരണം അന്വേഷിക്കുമ്പോൾ മറ്റൊന്നും അവിടെ ഇല്ല അതഖണ്ഡമാണ് നിത്യമാണ് സർവഗതമാണ് എവിടെയൊക്കെ മറിക്കാൻ സ്വർണം മണ്ണൊക്കെ മറിച്ചു മറിച്ചു കുറേ ശരത്ത് പാത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടാക്കുന്നത് പരമകാരണത്തിൽ ൾ പ്രത്യക്ഷപ്പെടാനും സാധ്യമല്ല പരമകാരണം അല്ലാതെ ആദ്യം മറ്റൊന്നും ഉണ്ടായിരുന്നു ഇല്ല ചതുശ്ലോകി തന്നെ നമ്മൾ കണ്ടതാണല്ലോ അഹമേവ ആസമേവ അഗ്രേ ഞാൻ മാത്രം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആരാ മറിച്ച് നാമരൂപങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ പരമകാരണത്തിൽ നാമരൂപ പ്രത്യക്ഷം പറയാൻ ഒറ്റ ഉദാഹരണങ്ങളും മായ കൊണ്ടില്ലാത്തതുണ്ടെന്ന് തോന്നുന്നു മായ കൊണ്ട് അവിടെ പരമകാരണത്തിന് ഒരു ചലനവും സംഭവിക്കുന്നില്ല സംഭവിക്കാൻ നോക്കുകയില്ല ചലിച്ചാൽ അത് പരമകാരണമല്ലാതാവും അതിന് വികാരം വരും അപ്പൊ പരമകാരണമല്ല നിത്യമാണ് അതിൽ ജനിക്കാനോ മരിക്കാനോ പറ്റും ജനിക്കുക അവർ യഥാർത്ഥത്തിൽ യും മറികളും ഉണ്ടെന്നാൽ എൻ്റെ പരമകാരണക്കൊക്കെ തുറന്നു അതിനത് ജനി അത് വിചാരപ്പെട്ടു പോകും മരിച്ചു പോവും മരിച്ചാൽ പിന്നെ എൻ്റെ പരമകാരണത്തും അവർക്ക് അല്പം ചിന്തിക്കണം അത്രേ ഉള്ളൂ അവർക്ക് ഭംഗിയായിട്ട് ലേഖനം വായിച്ചൊന്ന് മനസ്സിലാക്കുക സർവെതിരാണ് അവരുടെ ഇങ്ങോട്ട് നീങ്ങാൻ നോക്കൂ ലൈംഗ് എങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആളെ എതിരാങ്ങുന്നത് സർവകലസ്ഥാനം ആചരവ സനാതന ഇങ്ങനെയുള്ള ഭരതകാരണത്തിൽ നിന്നും സ്വർണത്തിൽ ആഭരണങ്ങൾ ഉണ്ടാകുന്നത് പോലെ പോലും നാമരൂപങ്ങൾ ഉണ്ടാകാൻ സാധ്യത സ്വർണ്ണത്തിൽ നമ്മുടെയും ഉദാഹരണം പറഞ്ഞത് അത് വസ്തു എന്ന് എന്ന് കാണിക്കാൻ മാത്രം അല്ലാതെ പൂർണ്ണമായും അതുപോലാണ് ബ്രഹ്മം പ്രപഞ്ചമായി തീരുന്നത് എന്നൊരിക്കലും ചിന്തിച്ചു പോലും പോയ പോയി ബ്രഹ്മവും ജനിക്കുന്നതും മരിക്കുന്നതും ആയിരിക്കും അതിനെ പിന്നെ അന്വേഷിച്ചിട്ടെന്ത അപ്പോ എങ്കത്തെ ദൃഷ്ടാന്തം ഇവിടെ മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ ഈ പ്രപഞ്ചം കടത്തും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അഖണ്ഡ ബോധത്തിൽ എന്നും അഖണ്ഡ ബോധമാണ് ഭരണകാരണം അതാണ് ബ്രഹ്മം അഖണ്ഡ ബോധത്തിൽ മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോഴെ കാണുന്നു ഒരു തുള്ളി വെള്ളവുമില്ല ഒന്നുമില്ല മരുഭൂമിക്ക് ഒരു ചലനവും സംഭവിച്ചിട്ടില്ല അവിടെ കാനൽ ജലം കാണുന്നു അല്ലെങ്കിൽ കയറിൽ സർപ്പം കാണുമ്പോഴെ കാണുന്നു യസ്മിൻ ഇതം ജഗത് അശേഷ അശേഷമൂർത്തോ രജ്വാം ഭുജംഗമ പ്രതിഭാസിതം വൈ ീ ആ ജഗദീശ്വരങ്ങൾ ഈ ജഗത്ത് രജ്വാംഭുജംഗമയിക പ്രതിഭാസിതം പൈ കായറിൽ പാമ്പ് കാണുന്നത് പോലെ കാണുന്നു പാമ്പിന്റെ നാമരൂപം പോലും അതിൽ യഥാർത്ഥത്തിൽ അതിനൊരു കേൾ വരുത്തിയിട്ട് ഉണ്ടാകാനേ സാധ്യമല്ല ഇതാണ് പ്രപഞ്ചത്തിനും അഖണ്ഡബോധരൂപമായ ബ്രഹ്മത്തിനും തമ്മിലുള്ള ബന്ധം ഈ അനന്തരോട് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായി മറയുന്നെങ്കിലും ബ്രഹ്മത്തിന് ഒരു ചലനം പോലും സംഭവിക്കുന്നില്ല ഇത് അത് ഇതില്ല പ്രത്യക്ഷമായിട്ടും നമുക്ക് ഇവിടത്തെ പരസ്പര വൈരുദ്ധ്യവും ഞാൻ എന്തിനും ഇതൊക്കെ പറയുന്ന പരീക്ഷത്തിന്റെ ബ്രഹ്മങ്ങൾ വേണം വേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സത്യം മനസ്സിലാക്കിയേക്കൂ അല്ലെങ്കിൽ നമുക്ക് എത്രയും വൻ പരീക്ഷത്ത് ആ ബ്രഹ്മത്തെ പ്രാപിച്ചു എന്ത് എന്ത് പ്രാപിച്ചു ഇവിടെ പ്രാപിച്ചു അതൊക്കെ ഭാഗവതം പറഞ്ഞുവെച്ചിട്ടുണ്ട് അത് പറ്റില്ല നമുക്ക് വ്യക്തമായിട്ട് ആ ബ്രഹ്മകർ വേണോ എന്ന് ധരിക്കണം പരസ്പര വൈരുദ്ധ്യം എവിടെ കാണുന്നു കൃഷ്ണന്റെ ചരിത്രവും ഞാൻ പറഞ്ഞില്ല മുഴുവനും പരസ്പര വൈരുദ്ധ്യം എന്തിനാ ഇങ്ങനെ ഒരു കൃഷ്ണനെ വ്യാസന അവതരിപ്പിച്ചത് അതെ പരമാത്മാവിനോട് ചേർത്ത് പ്രപഞ്ചത്തിന്റെ പ്രതീകം എന്ന നിലയിൽ കൃഷ്ണ അവതരിപ്പിക്കുന്നു അപ്പൊ പരസ്പര വൈരുദ്ധ്യം വരാതെ ഒരിക്കലും സാധ്യമല്ല ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പരസ്പരവൈരുദ്ധമാണ് പുറമെ നോക്കിയാൽ പോലും കാണാം എന്താ ആകാശം ചലിക്കുന്നില്ല പക്ഷെ അതിൽ അത്യന്ത ചഞ്ചലമായ വായു ആകാശത്ത് നോക്കിയാൽ തന്നെ അതിലാണ് ഞാൻ ആകാശം എന്ന് പറഞ്ഞത് അഖണ്ഡ ബോധം വയ്ക്കട്ടെ അത്യന്ത ചഞ്ചലമായ വായുവിൽ ആകാശമില്ലാത്ത ഒരു പോയിന്റ് ഇല്ല ചലിക്കാത്ത ആകാശം ചലിക്കുന്ന വായുവിൽ സർവത്രമറന്നിരിക്കുന്നു അപ്പൊ ചലനവും അചഞ്ചലതയും പരസ്പര വൈരുദ്ധ്യം എങ്ങനെയാണ് സാധിക്കുക പിന്നെ അത് ബോധം ജഡം ബോധം വെളിച്ചം ഉണ്ട് ഉണ്ട് എന്ന് നിരന്തരം അനുഭവിക്കുന്ന വസ്തു ഉണ്ടെന്ന് അനുഭവിക്കാനേ കഴിയാത്ത ഇരുട്ടുപോലുള്ള ശൂന്യമായ ജലം പരസ്പര വിരുദ്ധം ഇത് ഒരുമിച്ചിരിക്കുന്നു ഇരുട്ടും വെളിച്ച ഒരുമിച്ചിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള പരസ്പര വൈരുദ്ധ്യം എവിടെ കാണുന്നു അവിടെ ഒന്ന് നിശ്ചയിച്ചുള്ള അസ്ഥിരമായി ഉള്ള വസ്തു കള്ളം അസത്യം സ്ഥിരമായ സത്യം ബോധം സ്ഥിരമായ സത്യം അസ്ഥിരമായ അസത്യം അസത്യം എന്ന് വെച്ചാൽ ഇല്ല വെറുതെ അസത്യം എന്ന് പറഞ്ഞാൽ പോരാ അതില്ല എങ്ങനെ കൈരളെ പാമ്പ് പോര കയരൽ പാമ്പ ഉണ്ടോ ഇതിനാണ് ഈ വിവർപ്പം വിവർപ്പം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ സാങ്കേതിക പകർപ്പ് വേണമെങ്കിൽ വിടാം ഇതല്ലാതെ യുക്തിയുക്തമായി ഒരു പരമകാരണത്തിൽ ആ പരമകാരണം എന്തിനട്ടെ അത് അഖണ്ഡ ബോധമാണെന്ന് പൂർണ്ണമായും വ്യക്തിയുക്തമായും തെളിയിച്ചിട്ടുണ്ട് എങ്ങനെ വ്യക്തിയുക്തം ഭഗവതം തന്നെ പറഞ്ഞല്ലേ അന്വേഷും പരമകാരണത്തെ കാണാൻ ഒരു പ്രയാസമില്ല ഏതുണ്ടെങ്കിൽ ജയത്തുണ്ട് ഏതല്ലെങ്കിൽ ജയത്തില്ല ബോധം പക്ഷേ അത് പരമകാരണം എന്ന നിലയിലെത്തുമ്പോൾ നിത്യ സർവഗതാണു അചലോയൻ സനാതനാണ് അവിടെയാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമോ യാതൊന്നും ഉണ്ടാകാൻ പറ്റില്ല ഒരു ചിന്തകനും ഒരിക്കലും യഥാർത്ഥത്തിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റും എന്ന് യുക്തിയുക്തം സ്ഥാപിക്കാനേ സാധ്യമല്ല ഈ സത്യമൊക്കെ നമുക്ക് പിടികിട്ടിയില്ലെങ്കിൽ ഭഗവതം വായിച്ചു എത്രയോ സപ്തം വായിച്ചു കേട്ടു അതേ എന്ത് വിശേഷം ഇവിടെയാണ് പരീക്ഷത്തിന്റെ ബ്രഹ്മങ്ങനെ പോകണം അപ്പോ ഈ സത്യമാണ് ആവർത്തിച്ച് ശുഗൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് അസത്യം എന്താണെന്ന് ഈ ആ ഒരു പിരിച്ചു പറയും കുറെ അസത്യകഥകൾ അതാണ് ഒടുവിൽ ശുഗൻ പറഞ്ഞത് അലോ പരീക്ഷിത്തെ കഥാ ഇമാസ്തേ കഥിതാം മഹീയസാം വിധായ ലോകേഷു യശപരേഷം വൈരാഗ്യവിജ്ഞാനവിപക്ഷയാ വിഭോ വശോവിഭൂതി നതു പരമാർത്ഥ്യം ഞാനീ പറഞ്ഞ കഥകളൊന്നും പരമാർത്ഥമല്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ കഥയിലൊക്കെ ആ ഇന്നാര് ജനിച്ചു കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളുണ്ടായി ഭരിച്ചു എടോ ആരും ജനിച്ച് ജനിക്കാനൊക്കില്ല ജനിക്കാനൊക്കെ എന്ന് ജനിക്കും എവിടുന്ന് ജനിക്കും അല്ല അപ്പൊ ഈ ജനിച്ചതായിട്ട് അതല്ലേ മരുഭൂമിയിൽ വെള്ളം കാണുമ്പോൾ കാണുന്ന കാഴ്ച ജഗത്ത് വേദാന്തത്തിന്റെ അന്തിമ സിദ്ധാന്തം അതാണ് സിദ്ധാന്തവും അധ്യാത്മശാസ്ത്രണം സർവാന്മതയെ വഴിസ്ഥിതമായ സർവം ബ്രഹ്മേദമാതത്വം വേദാന്തശാസ്ത്രത്തിന്റെ പരമമായ സിദ്ധാന്തം ബ്രഹ്മ ഒഴിച്ച് മറ്റൊന്നുമില്ല എന്നുറപ്പിക്കലാണ് ഒന്നില്ല ഏ ഇല്ലെന്ന് വെച്ച ന അവിദ്യ അവിദ്യയില്ല പിന്നെ എന്തിനില്ല വിദ്യ എന്നൊക്കെ പറഞ്ഞു ഉണ്ടെന്ന് തോന്നുന്നവരെ ആദ്യം എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് ആ സത്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിരണം അതിനുവേണ്ടിയാണ് അല്ല ആദ്യമേ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല അവിദ്യ ഒരു മൂട് പരമസത്യത്തെ ഉണ്ടെന്ന് അനുഭവിക്കുന്ന സത്യത്തെ ഒന്നുമില്ലെന്ന് തോന്നിക്കുന്ന അവിദ്യകൾ മുന്നൂടി എവിടുന്ന് വന്നു ഒന്നും ഇല്ല ഇല്ല എന്നുള്ള അവിദ്യ എങ്ങനെ വന്ന് ഒരിക്കലും സാധ്യമല്ല യുക്തിക്കത് നിറക്കുകയില്ല അപ്പോ നമ്മളൊക്കെ ഇത് അനുഭവിക്കുന്നതേ നല്ലേ അതാണ് ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ഞാൻ രാത്രി ഗാഢനിദ്രയിൽ ഒന്നു ഇല്ലെന്ന് തോന്നുന്ന ഒരു മൂടുപടം കൊണ്ട് മറയ്ക്കപ്പെടുന്നു ഇതാ ജഗതീശ്വരന്റെ സൃഷ്ടിയുള്ള ചെറിയ മാതൃക നമ്മിലൊക്കെ ഉണ്ട് നമ്മിലൊക്കെ അപ്പോ ആ ജഗദീശ്വരന്റെ ഈശ്വരൻ സൃഷ്ടിച്ചിരിച്ച അഖണ്ഡ ബോധം ആനന്ദസ്വരൂപമായി നിറഞ്ഞുക എവിടെയൊക്കെയും മേശുയിലും മൈക്കിലും നമ്മിലും ഒക്കെ നിറഞ്ഞു നിൽക്കുക പക്ഷെ അതിന് ഒരു നൂട് തടം ആകാശം തന്നെ അവ്യക്തം എന്ന് പറഞ്ഞു അവ്യക്തം അവ്യക്തമായ ആകാശം നോടി ഇതെങ്ങനെ സർവത്ര പറഞ്ഞ ആനന്ദസ്വരൂപമായി ഉണ്ടെന്ന് അനുഭവിച്ച് സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന വസ്തുക്കൾ എങ്ങനെ ഈ അവിദ്യ സ്വപ്രകാശേ കുതോ അവിദ്യ സ്വയം പ്രകാശിക്കുന്ന വസ്തുവിൽ അവിദ്യ നൽകണം തോന്നുന്നു തന്നിനാഗതം ആവൃത്തി അവിദ്യയില്ലെങ്കിൽ പിന്നെ ആവരണം സാധ്യമല്ലല്ലോ തർക്കജാലെ ഇങ്ങനെയുള്ള സംശയങ്ങൾ പുറത്തു വന്ന് ചോദിക്കുന്നതിനേക്കാളും അവിദ്യയെ മാറ്റിയിട്ട് വസ്തുവിനെ അനുഭവിക്കൂ രാഗദ്വേഷങ്ങളെ മാറ്റിയിട്ട് അഖണ്ഡ ബോധത്തെ ഞാൻ ഞാനെന്ന ബോധത്തെ ബ്രഹ്മം ആയി വികസിപ്പിച്ച് അനുഭവിക്കുക ദൂരം നിന്നുമുണ്ട് ബ്രഹ്മൻ സർവത്ര മറിഞ്ഞു നിൽക്കുകയാണ് ദൂരം മുമ്പുണ്ട് അനുഭവിക്കൂ ആ അനുഭൂതി ഇതിനൊക്കെ ആ അനുഭവത്തിലെത്ത ഒന്നുമില്ല ഭാഗവം തന്നെ എത്ര സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു ആ അനുഭവത്തിലെത്തിയാൽ അവിടെ ഒന്നുമില്ല അതെത്ര കാലമോ അനിമിഷം പ്രഭു അവിടെ കാലമില്ല ദേശമില്ല ദേവന്മാരില്ല മനസ്സില്ല പ്രകൃതിയില്ല എന്നൊക്കെ കാലവരം ഗംഭീരമായിട്ട് തീവിക്കുന്നുണ്ട് ആ അഖണ്ഡബോധം ബ്രഹ്മം ബ്രഹ്മമൊന്നും കേട്ടാൽ നമ്മളൊക്കെ അത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സത്യം മനസ്സിലാക്കാതെ ഭാഗത്തിലെ ആശ്ലോകത്തെ പല അങ്ങോട്ട് മാറ്റിയും ഇങ്ങോട്ട് മാറ്റിയും ഒക്കെ വ്യാഖ്യാനിച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വ്യാസഭഗവാൻ ഇത് എഴുതി വെച്ചിരുന്നു ഒരു പ്രയോജനമില്ലാത്തത് എന്തിനു നമുക്ക് പരീക്ഷത്തിന്റെ ബ്രഹ്മനിർവാണത്തിലേക്ക് കടക്കാം ഈ സത്യം പിടികിട്ടിയില്ലെങ്കിൽ ആ ബ്രഹ്മ നിർണത്തിലെ ഏതെങ്കിലും ശ്ലോകം മനസ്സിലാകുമോ നോക്കുക പരീക്ഷിത് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു നല്ല പരീക്ഷത്തിനെ കേൾപ്പിച്ചു ശിവൻ ഓടി പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ കള്ളതാണ് പിന്നെ എന്തിനു പറഞ്ഞു വിജ്ഞാനവൈരാഗ്യ വിവക്ഷക നിനക്ക് ആ സത്യം അനുഭവപ്പെടണം ഈ ഇല്ലാത്ത ജഡദൃശ്യങ്ങളിൽ നിന്റെ മനസ്സ് വിരക്തമാവണം അതില്ലെന്ന് ബോധ്യപ്പെടണം അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ് കുഞ്ഞെ ഇത്രയുമൊക്കെ പറഞ്ഞിട്ടൊടുവിൽ ഏഴു ദിവസമായി പരീക്ഷിത്തോട് ശുഖൻ പറയുകയാണ് രാജൻ മരിഷ പശുബുദ്ധിവിമാം ജഹിതാ അഭൂതദ്യഹതത്വംസി ശ്ലോകം തന്നെ എങ്ങനെ വ്യാഖ്യാനിക്കും രാജൻ മരിഷിയെത്തി അലോ രാജാവേ ഞാൻ ഇത്ര നേടും പറഞ്ഞതൊക്കെ കേട്ടല്ലോ അപ്പൊ ഇനി ഞാൻ മരിച്ചു പോറും മൃഗബുദ്ധി ഉപേക്ഷിക്കൂ അപ്പൊ നമ്മൾ മരിക്കും എന്ന് കരുതുന്നുണ്ടെങ്കിൽ മൃഗബുദ്ധിയാണ് എന്താ കാര്യം സത്യവും പിടിയില്ല ഈ ജലമൊക്കെ തന്നെ സത്യം സത്യം അത അതിലങ്ങ് സംഘബദ്ധനായി മോഹബദ്ധനായി എന്തൊക്കെ ചില എന്തിനു വേണ്ടിയോ കൂടുതൽ മരിക്കുന്നു തീരുമാനിച്ചു എന്തോ സംഭവിച്ചു ഇത് പശുബുദ്ധി എന്തുകൊണ്ട് നേരത്തെ ഈ ജഡത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ഇതെവിടെ നിന്ന് വന്നോ എന്തിനു വന്നു ഞാൻ ജഡമാണോ അതുകൊണ്ടെന്ന് അനുഭവിക്കുന്ന ദോഷമാണോ ദോഷമാണെങ്കിൽ ആ ദോഷത്തിൻ്റെ പൂർണ്ണത അതാണ് ബ്രഹ്മം അല്ലാതെ ബ്രഹ്മത്തെ വിടുന്ന് നൂറ് കിലോമീറ്റർ അപ്പുറത്ത് പോയി കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല അവനതൻ്റെ ഉള്ളിൽ അതിനെ പൂർണ്ണമായി അനുഭവിക്കാൻ എന്താ വേണ്ടത് എന്ന് ചിന്തിച്ചില്ല ഈ കണ്ടതൊക്കെ തന്നെ അപ്പൊ തൊന്ത്ുരാജൻ മനുഷ്യൻ ഈ ശ്ലോകൻ ഈ കഥകളൊക്കെ സത്യമാണ് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ശുഗന്റെ ഈ ശ്ലോകം എങ്ങനെ വ്യാഖ്യാനിക്കും രാജാവെ അന്ന് മരിക്കും എന്ന് മൃഗബുദ്ധി വിപക്ഷിക്കൂ അപ്പൊ മരിക്കുന്നുള്ളതൊരു മൃഗബുദ്ധിയാണോ ആ എന്തുകൊണ്ട് മരിക്കുന്നില്ല ആരും ഇവിടെ മരിക്കുന്നില്ല ആരും മരിക്കുന്നില്ലെങ്കിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്ത് രാജാക്കന്മാരുടെ കഥ പറഞ്ഞത് സത്യമാണോ എങ്ങനെ സത്യമാണോ പറ്റും അവതാരങ്ങൾ സത്യമാണോ ഒക്കെ ജനിച്ചു മരിച്ചു വിഷ്ണുവും ശിവനും ഉൾപ്പെടെ ജനിച്ചു മരിച്ചു എന്നാൽ സത്യമാവും രാജാവെ അവിപേക്ഷിക്കൂ ജൻക്ക് വളരെ സ്പഷ്ടം ഭാഷ പന്തുരാജൻ മനുഷ്യേത് പശുവിധം ഇമം ജഷീ അജാത പരീക്ഷത്തെ നിങ്ങൾ ജനിച്ചിട്ടില്ല മഹത് മക്കി പറയാണ് പരീക്ഷത്തിന്റെ അജാതപ്രാക്ടൊന്നും ജനിച്ചിട്ടില്ല അജാതപ്രാ അതുപോലെ അദ്യദേഹവത്വം ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളീ ശരീരത്തോടുകൂടി ഇരിക്കുന്നേയില്ല അദ്യ ദേഹവത്വം ഇല്ല അഭൂതമോ അദ്യദേഹതത്വം അഭൂത ഭവിച്ചിട്ടില്ല നിങ്ങളീ പരിശ്രമത്തിൽ പറഞ്ഞൊരു ശരീരവുമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അഭൂത്വമോ അദ്യദേഹതത്വം നിങ്ങൾക്ക് ദേഹവത്യം അധ്യ ഇപ്പോൾ അഭൂപ സംഭവിച്ചിട്ടേ ഇല്ല നിങ്ങൾ ഇതിന് എന്തൊരിക്കലും ജനിച്ചിട്ടില്ല ഇപ്പൊ ജനിച്ചിട്ടൊന്നും ഇല്ല ഈ ദേഹത്വം നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല ഭാവി നിങ്ങൾ ഒരിക്കലും നശിക്കില്ല നശിച്ചിട്ട് നൽകില്ല അങ്ങനെയാണ് ഇത് തമ്മിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ് നമ്മൾ ഗീണമൊക്കെ വായിക്കുകയാണ് ശിവനി പറഞ്ഞത് തന്നെയാണ് ഈവരണ്ടാധ്യായം ആദ്യം പറയുന്നുണ്ട് അർജുന ഈ ഭീഷ്മരും ദ്രോണരും അവർക്ക് മരിക്കും ഞാൻ മരിക്കും നീ മരിക്കും എന്നൊക്കെയല്ല നിന്റെ വിചാരം മത്വവാഹം ആശ്ലവം വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ മത്വവാഹം ജാതുനാസം മത്വം നേമേ ജനാധിപാഹ നൈവമ ഭവിഷ്യാമ സർവേവയ മതം ഹം ജാതുമാസം അർജുന ഞാനും നീയും ഇതിനുമുണ്ട് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല ശക്തമായി പറയുകയാണ് രണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര ശക്തി വരില്ല സംസ്കൃതത്തിൽ രണ്ട് നിഷേധം അത്യന്തം ശക്തമാണ് മത്വേ അഹം ജാതുമാസം അത് ശരി രാജാക്കന്മാരോ അഹം ജാതുമാസം ഇങ്ങനെ ജനാധിപത്യ ഈ ജനാധിപന്മാർ യഥപക്ഷത്തിൽ നിൽക്കുന്ന രാജാക്കന്മാർ ഇതിന് ഒന്നൊരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല നത്വേവാഹം ജാതുമാസം നത്തനേനെ ജനാധിപാഹ നൈവൻ നഭവിഷ്യാമ ഇനി ഭാവിയിൽ എന്തെങ്കിലും നമ്മളൊക്കെ ഇല്ലാതാകുമോ അർജുന ഒരിക്കലുമില്ല ഇതിനും നസി ഇതേ അർത്ഥമാണ് നത്യേവാഹം ജാതുമാസം ജനാധിപ നവിഷ്യാമ സർവേവയ്പരം ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സക്രമരുടെയും സ്ഥിതി അർജുന അതാണ് ഈ സത്യം മനസ്സിലാക്കാതെ നീ ഞാൻ ഭീഷ്മറെ കൊല്ലും എൻറെ അപ്പൂപ്പൻ എൻറെ അപ്പൂപ്പനെ ഞാൻ എങ്ങനെ കൊല്ലും എന്റെ ഗുരുവിനെ ഞാൻ അങ്ങനെ കൊല്ലും എന്റെ കൈ വരയ്ക്കും നോക്കാതെ ഈ സത്യം മനസ്സിലാക്കാത്തത്രത്തോളം കൈ വരയ്ക്കും ആട് വരയ്ക്കും അങ്ങനെ പലർക്കും സംഭവിക്കും അർജുനൻ സംഭവിച്ചത് ഒന്ന് സംഭവിക്കും ശ്രീതന്തിമയാത്ര മുഖം ചരിശിഷ്യത്തി ഭഗവാനെ ഗാന്ധീജിതന്ത്ര എന്റെ കയ്യിൽ നിന്ന് ഗാന്ധി പറുക എന്താ സർവശാജിയായ അർജുനൻ പറ പറയുന്ന എന്താ ജഡം സത്യം എന്നാര് കരുതുന്നുവോ അവരുടെ ഒക്കെ അവസാനം ഇത് തന്നെ സംശയമില്ല എല്ലാം കഴിഞ്ഞ് കണ്ടുപോകും എല്ലാം കണ്ടുപോകും അതുകൊണ്ട് നല്ല കാലത്ത് തന്നെ ഈ പറഞ്ഞ കാരണത്തൊക്കെ ഒന്ന് ചിന്തിച്ച് എന്താണ് സത്യമെന്ന് ഉറപ്പിച്ചു വെക്കുക പരീക്ഷത്ത് പറയുന്നു അയാൾ നല്ല സുഖൻ പരീക്ഷത്തിനോട് പറയുന്നു പന്തുരാജന് മനുഷ്യേതി പശു ബുദ്ധിമുട്ട ന ജാതൃ ജനിച്ചിട്ടേ ഇല്ല ഈ പദ്യമൊക്കെ മനസ്സിലാക്കാതെ കഥായുമാ കള്ളനാണ് ഞാനേ കഥ പറഞ്ഞത് അതിനെയൊക്കെ അന്ന് അങ്ങനെ നിഷേധിച്ചാൽ ഈ ശ്ലോകത്തിനൊക്കെ എങ്ങനെ അർത്ഥം പറയുന്നു നീ ലോക ജനിച്ചിട്ടില്ല ഇപ്പൊ നിനക്ക് ശരീരമില്ല നീ ഇനി ഒഴിക്കലൊന്നും നശിക്കില്ല ഓഹോ അങ്ങനെയാണോ ആ അത് മാത്രമല്ല നീ ഇപ്പോ എന്താ തക്ഷകൻ വരും എന്നെ കടിക്കും എനിക്കിപ്പൊന്നും സംശയമെല്ലാം നീ ആ ബ്രഹ്മനിഷ്ഠയിലെത്തിയിരിക്കുന്നു എനിക്ക് വലിയ സംശയമൊന്നുമില്ല ദശന്തം തക്ഷ തക്ഷകം പാത ലേലിഹാനം വിഷാനി നൃക്ഷ്യസി ശരീരം ചെ വിശ്വം ചൃഥകാത്മന ഇനി നീ ഒരിക്കലും തക്ഷരെയും കാണില്ല നിന്റെ ശരീരത്തെയും കാണില്ല ഈ പ്രപഞ്ചത്തെയും കാണില്ല ഇതാണ് ബ്രഹ്മനിഷ്ഠ അല്ല ബ്രഹ്മനിഷ്ഠ എവിടെയെങ്കിലും പോയി എന്ന് കണ്ടെത്തേണ്ടതൊന്നുമല്ല ദശന്തം തക്ഷകം പാത വന്ന് നിന്റെ കാലിൽ കടിക്കുന്ന ഭക്ഷകൻ കടിക്കുക മാത്രമല്ല കുറച്ചു ആ തക്ഷകൻ ലേനിഷാനം വിഷാനന ഈ തന്റെ വിഷം നിറഞ്ഞ ആ മുറിവിനെയൊക്കെ ഒന്നും നോക്കി കുറച്ചു അവിടെ നിൽക്കും പക്ഷെ നീ കാണില്ല തിരിച്ചാണ് എന്താ അവൾ തക്ഷകനും ഇല്ല ആരുമില്ല പിന്നെ എന്താ ഉള്ളത് ബ്രഹ്മം ദശന്തം തക്ഷകം പാത ലേലിഖാനം വിഷാനനൈക്ഷ്യസി അങ്ങനെയാണ് തക്ഷകനെ കാണില്ല നീ നിന്റെ ശരീരത്തെ പോലും കാണില്ല ശരീരമില്ല നിനക്ക് ഇല്ലാത്ത ശരീരത്തെ നീ എങ്ങനെ കാണാം ബ്രഹ്മബൂഢ ഉറച്ചില്ലേ പിന്നെ ഏത് ശരീരം സർവത്ര ബ്രഹ്മമല്ലാതെയുള്ള മറ്റൊന്നുമില്ല ഗംഭീരമായ ആ ഭാഗവതം എത്ര ഗംഭീരമായ ഉപനിഷത് സത്യം ഉറപ്പിച്ച് പറയുന്നു എന്ന് നോക്കുക നിർദ്രക്ഷ ശരീരം ച വിശ്വഞ്ച പൃഥകാത്മന നീവിന്റെ ശരീരം പ്രത്യേകം കാണില്ല ഈ വിശ്വത്തെയും പ്രത്യേകം കാണില്ല തീർച്ചയാണ് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല നിനക്ക് ആ ബ്രഹ്മനിഷ്ഠ ഉറപ്പുവന്നു എന്നെനിക്കിപ്പോൾ വ്യക്തമായ അറിയാം ഇതാണ് ഒടുവിൽ ശുഗൻ പരീക്ഷത്തിനോട് പറഞ്ഞത് എന്താ പരീക്ഷിത് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ നിന്റെ സ്ഥിതി ഇപ്പൊ എങ്ങനെ ഇരുന്നു പരീക്ഷിച്ച് പറയുകയാണ് ഭഗവാൻ അന്ന് പറഞ്ഞൊരു തികച്ചുമർത്ഥവത്ത് എനിക്കൊരു പേടിയുമില്ല ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നിഭന്മ്യഹം തീർത്തു പറയാം എനിക്കിനി ഒരു തക്ഷകനിയും ഇല്ല ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നിഭന്യഹം എന്താ പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വ അല്ലാതെ പരീക്ഷിത് എന്തോ ഭക്തിയെന്നോ എന്തൊക്കെയോ പറഞ്ഞ് ിലൊക്കെ തങ്ങൾ നിന്ന് കാണണോ ഈ ബ്രഹ്മനിർവ്വാണം ഭഗവൻ തക്ഷകാരിഭ്യവും മൃത്യുഭവ തക്ഷകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാമനന്റെ കാര്യം പറഞ്ഞതുപോലെ മരണത്തിന്റെ ഒരു സിമ്പിൾ അല്ല എന്താ മരണത്തിന്റെ ഒരു സിമ്പിളാണ് തക്ഷകൻ ആ മരണത്തെ ഞാനിനി ഭയപ്പെടില്ല തക്ഷകന്റെയും മറ്റും രൂപത്തിൽ എന്നെ സമീപിക്കുന്ന മരണത്തെ ഞാൻ ലേശം പോലും ഭയപ്പെടില്ല ഭഗവാനും തക്ഷതാദിപ്പ് ഇവിടെ നമുക്ക് എത്തണം അല്ലാതെ ജീവിതത്തിലുള്ള നമ്മളെ ഭാഗതം വായിച്ചുകൂടിയും മരണം വരാറായപ്പോ കേട്ടതെന്ന് പിടച്ചിലും എനിക്ക് അത് നഷ്ടപ്പെടും ഇത് നഷ്ടപ്പെടും പോരാ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഇന്തിനാ ഭാഗം വായിക്കുന്നു ആദ്യ ഒരു ജന്മം കൊണ്ടൊക്കെ പറ്റുമോ ഇവിടെ എത്താനുള്ള ാഠനമായ ശ്രമം ആരംഭിച്ചോ എന്ന് വെച്ചാൽ ഈ സത്യം വൃത്തിക്കെങ്കിലും ഒന്ന് പിടികിട്ടിട്ട് കുറച്ചൊരു ശ്രമം എന്റെ ശ്രമത്തിന്റെ ആകെ ഒന്ന് മാറ്റുക ഇത്രയുള്ളേ ബ്രഹ്മഗ്രഹം സംപ്രാപിക്കാൻ തലവർത്തി നിൽക്കുക അത് എന്തും ബ്രഹ്മ കിട്ടില്ല എന്ത് വേണമെങ്കിലും വേറെ ഹവം പക്ഷെ ബ്രഹ്മഗുരുവാണ് നിന്ന് കിട്ടണമോ നിർമ്മമാണ് പിന്നെ എന്താ കുഴപ്പം മറച്ചിരിക്കുന്നു ചിലൻ ീ ജലമൊക്കെ ഉള്ളതാണെന്ന് തോന്നലും ഭേദദൃഷ്ടിരവിദ്യ അതാണ് മറച്ചിരിക്കുന്നത് ഇതെങ്ങനെ കയറി വന്നു എന്നൊന്നും നിശ്ചയമില്ല എപ്പോഴോ കയറി വന്നു ഇതെന്നാ കഴിയുന്നതിലും നിശ്ചയമില്ല എന്തായാലും കടുത്ത ഭേദദൃഷ്ടി ഞാൻ നേരെ ഇതേറെ ആദ്യവേറെയും മകന്മേറെ മറ്റൊരു വേറെയും മറിച്ചത് നേരെ നേരം തായി ഇരുട്ടുന്നതുവരെ ഭേദബുദ്ധി എന്ത് വിലനിർത്തും അതിന് പുറന്തള്ളൂ അതാണ് ബ്രഹ്മത്തെ മറച്ചിരിക്കുന്നത് ബ്രഹ്മത്തിന് ഇവിടെ യാതൊരു ഭേദമില്ല സർവൻ ബ്രഹ്മമായ ഈ കാലങ്ങൾ മുഴുവൻ അങ്ങനെ ഭഗവൻ തക്ഷകാദിഭ്യമോ മൃത്യുഭ്യമോ ഈ തക്ഷകനും മറ്റും മൃത്യുവിനൂടെ പല രൂപത്തിലും നിർത്തി മഹാബലിയുടെ അടുത്ത വാഹന രൂപത്തിൽ വന്നു അങ്ങനെ പല രൂപത്തിലും വരാം ഭഗവൻ തക്ഷവാദിഭ്യോ വൃത്തിഭ്യോ നിഭിന്നഹൻ ഞാൻ അശേഷം ഭയപ്പെടുന്നില്ല എന്തുകൊണ്ട ബ്രഹ്മഗുരുവാണം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്യാ അന്ന് യാതൊരു ഇടയില്ലാത്ത ്രഹ്മ നിർവണം എനിക്ക് കാണിച്ചു തന്നു ഞാൻ ഇതാ അനുഭവിക്കുന്നു പ്രതിഷ്ഠോ എന്ന് പറഞ്ഞാൽ അങ്ങ് വളരെ ദൂരെ പോയി ബ്രഹ്മത്തിൽ കടന്നല്ലം ബ്രഹ്മത്തെ സർവത്ര നിറഞ്ഞ് നമ്മുടെ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെ കാണാൻ ഇനി വളരെ അങ്ങ് അകലെങ്ങാനും വളർത്തും പോകേണ്ട കാര്യമുണ്ടോ പ്രവിഷ്ടോ ബ്രഹ്മനിർവണം അഭയം ഒരു ഭയവുമില്ല എന്താ കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ ബ്രഹ്മം ബ്രഹ്മം മാത്രമേ ഉള്ളൂ അഭയം ദർശിതൻ ത്വ അങ്ങ് കാണിച്ചു തന്നത് അങ്ങനെ അങ്ങനെ സൂര്യത്തിനായി ഈ ഏഴു ദിവസം ആവർത്തിച്ചാവർത്തിച്ച ബ്രഹ്മ നിർവ്യണം എന്തെന്ന് എനിക്ക് കാണിച്ചു തന്നു എന്താ ബ്രഹ്മ നിർവ്യണം ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഈ ജലത്തിന്റെ പരമകാരണം ബ്രഹ്മമാണ് ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഇവിടില്ല ഇനിയായിരം ജന്മം തപസ് ചെയ്താലും ബ്രഹ്മമില്ലാതെ മറ്റൊരു വസ്തു ഇവിടുണ്ടെന്ന് തെളിയിക്കാനേ സാധ്യമല്ല ജഡമായി കാണുന്ന സകലത്തിലും അകവും പുറവും നിറഞ്ഞ് ഉള്ളത് ബ്രഹ്മം മാത്രം മറ്റെല്ലാം വെറും കള്ളം ആണല്ലോ കൃഷ്ണൻ പറയുന്നതെല്ലാം ജനിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കൂ ഉപനിഷത്ത് പറയുന്നത് എന്താ മനസ്സിലേത വാർത്തവ്യം മനസ്സുകൊണ്ട് പരമകാരണ ചിന്തയും മറ്റുവെന്ന് ഉറപ്പിച്ച് മനസ്സുകൊണ്ട് ഉറക്കൂ എന്താ ഇവിടെ പലതില്ല ആദ്യം പെട്ടെന്ന് അനുഭവിച്ചില്ലെങ്കിലും യുക്തി പരമകാരണ ചിന്ത മനസ്സിനൊന്ന് പിടികിട്ടിയാൽ യുക്തി കൊണ്ട് ഇത് ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ പലതില്ല മനസ്സൈവേദവാക്തവൃം പല ഉപനിഷത്തും ആവർത്തിച്ച് ഉദ്ധരിക്കുന്ന ശ്ലോകമാണേ നേഹദാനാസ്തി കിഞ്ചന ലേശം പോലും പലതില്ല ഒരു വസ്തുതകളുള്ളൂ നേഹദാനാസ്തി കിഞ്ചന യപ്പശ്യതീഹ നാനേവ ഇവിടെ ആരാണോ പലതുള്ളത് പോലെ വേണുന്നതോ പലതില്ല പലതില്ല ഇരുന്ന് നിൽക്കുന്നതൊക്കെ കാണുകയാണ് പലതുള്ളത് പോലെ വേണങ്ങളോ മൃത്യോ സമൃത്യം ഗച്ഛത്തിൽ അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചേ ഈ ഭ്രമമണ്ഡലത്തിൽ ജനിക്കുന്നു മരിക്കുന്നു എന്ന ഭ്രമത്തിൽപ്പെട്ട് നിരന്തരം ദുഃഖമനുഭവിച്ച് അനുഭവിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഭ്രമം ഏതുവരെ ഈ പരമമായ സത്യം ഗ്രഹിക്കുന്നത് വരെ ഇതെന്നു പിറപ്പിക്കുക സർവമയം ഈ ശാസ്ത്രീയ പരമഗായണം കണ്ടാൽ അതല്ലാതെ മറ്റൊന്നും ഇവിടെ ഒരിക്കലും ഉണ്ടെന്ന് തെളിയിക്കാനും ഒരു ചിന്തകനും സാധ്യമല്ല ഇനി ഒരിക്കലും സാധ്യമല്ല അപ്പോ അത് ഉറച്ചോ ഉറച്ചോ ഉറച്ചെങ്കിൽ അതാണ് ജ്ഞാനം കൃഷ്ണൻ പറയുന്നു അർജുന നീ ജ്ഞാനം നേടണം അതത് അതബുദ്ധി പ്രണിപാതന ഗീത പരിപ്രശ്ന സേവയ ഉപദേക്ഷന്തിന് തത്വദർശികളായ ജ്ഞാനികൾ നിനക്കതുപദേശിക്കും അങ്ങനെ ഉപദേശിച്ച പുനർമോഹമേവം വ്യാസ്യസി പാണ്ഡവ അതോ പാണ്ഡവ നക്കാൾ പിടികിട്ടിയാൽ നിന്റെ ഈ മോഹമുണ്ടല്ലോ കടുത്ത മോഹം ആജ്ഞതയുടെ കടുത്ത മോഹം എന്താ എന്റെ ഗുരു എന്റെ അപ്പുപ്പൻ അവരെയൊക്കെ ഞാൻ കൊല്ലണം എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഈ മോഹം തന്നെ നിന്നെ ബാധിക്കില്ല യജ്ഞാത്യ ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ യജ്ഞാത്യെന്ന പുനർമോഹമേവന്യാസി പണ്ടവ എന്തുകൊണ്ട ഏന ഭൂതാന്യശേഷേണ ഈ ജയത്വം മുഴുവൻ നിന്നിലാണെന്ന് നീ മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞിട്ട് നീ ഉൾപ്പെടെയുള്ളതെല്ലാം നിന്നിലാണ് എന്നത് സർവത്രം അറിഞ്ഞു നിൽക്കുന്ന അഖണ്ഡപോധത്തിൽ നിന്ന് കൽപ്പബുദ്ധിയുണ്ടെങ്കിൽ നിന്റെ ഈ ജോത്വം മുഴുവൻ നിന്നിലാണ് എന്തോ ഒന്നാലോചിച്ച് നോക്കുക എന്നിലൊക്കെ ഞാൻ ഞാനെന്ന ആ ഒരൊറ്റ പിൻവാങ്ങിയാൽ ശരീരം പ്രകൃതങ്ങളും എല്ലാ വിധത്തും തെറിയും ഭാര്യയും മക്കളും നീളും കുടുംബവും സർവീം തോന്നുന്നു ഞാനിരോ ഈ പ്രപഞ്ചം എത്രയും വലിയ എത്ര വലിയ ആയിട്ട് ഒരു വ്യക്തിക്ക് പ്രപഞ്ചാനുഭവത്തിന്റെ കേന്ദ്രമുണ്ട് ഞാൻ ഒന്ന് ആലോചിച്ച് അല്ല ഞാൻ ഞാൻ കൊണ്ട് മാറിയോ പ്രാണനില്ല മനസ്സില്ല ഇന്ദ്രിയങ്ങളുടെ ശരീരമുള്ള ദൈവത്തില്ല തീർത്തുന്നു അപ്പൊ സത്യം ഞാനല്ലേ ആ പ്രബുധാനുഭൂതിയിലെ ആചാര്യസ്വാമികളുടെ ഏകശ്ലോകി വായിച്ചു നോക്കുക ഏകശ്ലോകി എന്ന് പറഞ്ഞ് ആദ്യം ഒരു ശ്ലോകം കൊടുത്തിട്ടുള്ളൂ ശിഷ്യൻ സത്യം അന്വേഷിച്ച് ഗുരുവിന്റെ അടുത്തു നിന്നും അവ ഗുരുജോത്തോടെയും നിനക്ക് ഈ പ്രപഞ്ചമൊക്കെ അനുഭവിക്കുവാൻ എന്താണ് വെളിച്ചം കിൻ ജ്യോതിസ്തവ ഭാഗനേ എനിക്ക് സൂര്യനുണ്ട് രാത്രി പ്രതിപാതികം രാത്രിയിൽ എനിക്ക് വേറെ വെളിച്ചമൊക്കെ ഉണ്ട് അതെ ട്യൂബ് ലൈറ്റും അല്ലൊക്കെ ഉണ്ട് ഭാനുമാന ഹനിമയെ രാത്രി പ്രതിപാധികം ആ സാദേവം കുറിച്ച് സമ്മതിച്ചു അതൊക്കെ ഉണ്ട് പക്ഷെ ആ വെളിച്ചത്തേക്ക് കാണാൻ ഇങ്ങനക്കെന്താണ് അതെന്റെ കണ്ണം ആ സാദേവം രവിതീപദ ദർശനവിധവും കെ ജ്യോതിരാഖ്യാഹിമേ ചുഹും എന്റെ ചക്ഷുസാണ് ആ ചക്ഷസ്സിനെ കാണാൻ നിനക്കെന്താ വെളിച്ചം അത് എന്റെ മനസ്സാണ് ആ മനസ്സിന് ബുദ്ധി ബുദ്ധിയെ കാണാൻ നിനക്കെന്താ വെളിച്ചം അത് ഞാൻ ഞാൻ ഇളക്കുഞ്ഞെ ഞാനിനെ കാണാൻ എന്താ വെളിച്ചം ഞാൻ അവിടെയാണ് നോക്കണം സ്വയം പ്രകാശിക്കുന്നത് ഞാനിനെ കാണാൻ പിന്നെ വേറെ വിളിച്ച ആവശ്യമില്ല അതാണ് സ്വയം പ്രകാശം ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് പോലെ പ്രകാശിക്കുന്നു എന്നല്ല മറ്റൊന്നിൻ്റെ സഹായവും കൂടാതെ ഉണ്ട് എന്നനുഭവിക്കുന്നു നേരെ മറിച്ച് ഞാൻ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രാണമുള്ളതായണമോ ഞാൻ വേണം മനസ്സുള്ളതാകണമോ ഞാൻ വേണം കണ്ണുള്ളതായോ ഞാൻ വേണം ദൈവത്തുള്ളതാണോ ഞാൻ വേണം ഞാനില്ലെങ്കിൽ മറ്റൊന്നുമില്ല ണ്ടെന്ന് അനുഭവിക്കാൻ ഞാനും മതി വേറൊന്നും ആവശ്യമില്ല സ്വയം പ്രകാശിക്കുന്ന സത്യം ഇത് ബ്രഹ്മമാണോ ബ്രഹ്മം ആര് പറയുന്നു ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ചോദിക്കുന്നുണ്ടോ എങ്കിൽ ബ്രഹ്മം ബ്രഹ്മ എന്നൊക്കെ പറയുന്നുണ്ടോ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ സകലരും നരദേവതാ വിരഹമിത്യാസ്ഫുടാ ഗൃഹ്യത്തെ വേറെ പക്ഷികളും പോലും ഞാനുണ്ട് എന്ന് അത്യന്തം സ്പഷ്ടനായി ഉള്ളിൽ അനുഭവിക്കുന്നു ബോധത്തെ കാണാനില്ലല്ലോ സ്ഥലം അത് നിങ്ങൾ കാണണ്ട പക്ഷെ ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്ന ബോധമില്ലെങ്കിലും നിങ്ങളൊന്നുമില്ല പിന്നെ അപ്പോ നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ സത്യം പിടികിട്ടിയാൽ എന്റെ ജഗത്തിനുള്ളിലാണ് ഭീഷ്മരും അർജുന നിനക്ക് ഈ സത്യം പിടിയിട്ടിയാൽ ഭീഷ്മരി നീ തന്നെ എന്താ കാരണം നിന്റെ ഉള്ള ഞാനില്ലെങ്കിൽ ഭീഷ്മരില്ല നിനക്ക് നിനക്ക് ഭീഷ്മരില്ല ഭീഷ്മരി എന്നത് ഓണരുല്ല ആരുമല്ല തീർച്ചയാണ് അതുകൊണ്ട് ഇത് ബോധ്യപ്പെട്ടാൽ ഈ രീതിയിൽ ആ ഞാനിന് ഒന്ന് ഒന്ന് മറമാറ്റി കിട്ടിയാൽ മായിട്ട് ശുദ്ധമായിട്ട് ആനന്ദരൂപമായി അന്തശീതലമായ ഉള്ളിൽ തെളിയും തെളിയുന്നതോടുകൂടി അർജുന യജ്ഞാത്വ പുനര നനയ്ക്ക് മോഹം വരില്ല സകല ജീവജാലങ്ങളും നിങ്ങൾ കാണും നീ നിന്നെ ഉൾപ്പെടെ ആ പരമാത്മാവൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ കാണും ഈ ഞാൻ തന്നെ സർവത്ര നിറഞ്ഞ ബോധമായി വിലസുന്നു അകവും പുറവും എന്ന് വ്യക്തമായി അനുഭവിച്ചറിയത് പ്രജ്ഞാത്വ പുനർമോഹം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യാത്മനിന്റെ ഉള്ളിൽ കാണും അതോ മൈ എന്നൽ അത് കഴിഞ്ഞ് എങ്ങനെ പറഞ്ഞു നിൽക്കുന്ന എന്നിൽ കാണും ഇതാണ് ബ്രഹ്മനിർവ്വാഹം ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഈ മേശയെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് പിടിയിട്ടില്ല മനുഷ്യട്ടെ അതില്ല മരുഭൂമിയിൽ വെള്ളം ഇല്ലാന്ന് മരുഭൂമിയിൽ നടന്നു നോക്കി വീണ്ടും മരുഭൂമിയുടെ അറ്റത്ത് നോക്കിയാൽ ഒരു സരസ് അലയടിക്കുന്നതായി തോന്നാം സരസ് പക്ഷെ അനുഭവമോ ഒരു തുള്ളി വെള്ളമില്ല എന്താ എല്ലാം നോക്കി കണ്ടു എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് നല്ലതെണ്ണം നോക്കി കണ്ടു ഓരോ തുള്ളിയില്ല അവ തിരിച്ചെങ്കിൽ പോകുന്നത് വീണ്ടും തോന്നുന്നു ഇതുപോലും തോന്നൽ വെള്ളത്തിന്റെ കനക പോലും ഇല്ല മേശയുണ്ടെന്ന് കണ്ണ് അനു തോന്നിക്കോട്ടെ ബുദ്ധി തൂർത്തു പറയുന്നു കുഞ്ഞെ മേശയുടെ കണിക പോലും അവിടെ ഇല്ല ധുനിക ശാസ്ത്രത്തിന് പോലും ഇത് പിഴികിട്ടിട്ടുണ്ട് എന്നിട്ടും നമ്മൾ അവര് വേണ്ടവണ്ണം ഏതാണ്ടും പഠിച്ചില്ല ഞാൻ ഇടയ്ക്ക് ഒരു യു ഡി സിയുടെ ഫിസിക്സ് ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായി ടി വി അപ്പൊ എന്താ സാറ് മേശയിൽ തട്ടിക്കൊണ്ട് കുഞ്ഞുങ്ങളോട് പറയുകയാണ് ഇവിടെ മേശയില്ല പിന്നെന്താകുന്നത് ഇവിടെ കുറച്ച് ന്യൂട്രോൺസ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഫിസിക് ഫിലോസഫി ഓഫ് ഫിസിക്സ് ഇപ്പം എത്തിയിരിക്കുന്നത് അവരുടെ അവർക്ക് അത്ര കാരണം അവർ ന്യൂട്രോൺസും ഇലക്ട്രോൺസും അവരെ കണ്ടുപിടിച്ചോളൂ പക്ഷെ അതിനപ്പുറത്ത് ആ ന്യൂട്രോൺസ് ഉണ്ടെന്ന് ഉള്ളതായി തീരണമെങ്കിൽ ബോധം വേണം എന്നുള്ളത് അവർക്ക് ഇനിയും പിഴ കിട്ടണം ആ അത് പരമന്വേഷിച്ച കെട്ടില്ല അത് ഉള്ളില്ല സ്പഷ്ടമില്ലേ ഇപ്പൊ ഞാനുണ്ട് ആണുണ്ട് എന്ന് നമ്മുടെയൊക്കെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ബോധം പുറത്തന്വേഷിച്ചാൽ കിട്ടൂ ഉള്ളിൽ വ്യക്തമായിട്ട് അനുഭവിക്കുകയല്ലേ അതിനെ ഒന്ന് മറമാറ്റി തെളിച്ചെടുക്കൂ അപ്പോഴും ബോധം കാണാനില്ലല്ലോ സാറെ എന്നോട് കൊല്ലം ചിലർക്കൊന്നും ചോദിക്കാറുണ്ട് ഈ എന്താ സാറേ ബോധം ബോധം സാറേ കുഞ്ഞെ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ ബോധമല്ലേ ബോധമില്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമോ ഉള്ളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്ക് മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കേ ആ ബോധം നല്ല ആനന്ദമായി അന്ത ശീതമായി നിന്നൽ തെളിഞ്ഞു വരും ഇത് പരീക്ഷത്തിന് തെളിഞ്ഞേ അപ്പൊ പരീക്ഷത്തിന് തെളിഞ്ഞപ്പോ എന്താ തക്ഷകനുണ്ടോ ഈ എന്ത് തക്ഷകൻ തക്ഷകനില്ല അപ്പോ ഞാനുണ്ടോ ഈശരി ഇല്ലേ ഇല്ല പിന്നെ ഉള്ളത് തോന്നുന്നെങ്കിലും അതൊക്കെ ബ്രഹ്മമാണെന്ന് എനിക്ക് നല്ല ഓർപ്പ് ബ്രഹ്മമാണെങ്കിൽ കടിക്കുന്നുണ്ടോ കടിക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ നല്ലതൊന്ന് അനുഭവിക്കുന്നു സർവത്ര ആനന്ദം ആ ആനന്ദത്തിൽ ഞാൻ മറ്റൊന്നും കാണുന്നില്ല അതുകൊണ്ടല്ലയോ ഭഗവൻ തക്ഷതാദിഭ്യോ മൃത്യുഭ്യോ നബിഭേമ്യഹം ഞാൻ അശേഷം ഇത് നമുക്കൊക്കെ എത്ര പറഞ്ഞാലും എങ്കിലും ഇങ്ങനെയൊക്കെ സാധിക്കുമോ ഈ പരീക്ഷിച്ച നോക്കാൻ തയ്യാറില്ല രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കാനോ മനസ്സിന് ഒന്ന് ശുദ്ധീകരിച്ച് സകലം ബ്രഹ്മമയം എന്നാവർത്തിച്ച് പഠിപ്പിച്ച് ഭേദചിന്ത അകറ്റാനോ തയ്യാറില്ല എന്നിട്ട് ചോദിക്കുകയാണ് ഇനി ഇതൊക്കെ അനുഭവി സു സുഖമായിട്ട് അനുഭവിക്കാം മരണത്തെക്കുറിച്ച് ലേശവും ഭയമില്ല മരണം നല്ലവണ്ണം ഇത് അനുഭവിക്കുന്ന ആടിന് മരണം ഒരനുഗ്രഹം വല്ലപ്പോഴും ഒക്കെ ഈ ജലത്തെക്കുറിച്ചൊരു ചിന്ത വന്നേക്കും അതും കൂടെ അന്ന് പോകരുത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ശരീരമില്ലാതെ അഖണ്ഡബോധം അനുഭവപ്പെടുന്നു പിന്നെ എങ്ങനെയാണ് ഈ ശരീരം പലർക്കും സംശയം ശരീരം പോയാൽ പിന്നെ അഖണ്ഡബോധം അനുഭവപ്പെടുന്ന ശരീരത്തിന് അഖണ്ഡബോധം അനുഭവപ്പെടുന്നു ശരീരത്തിനുള്ളിലുള്ള ജീവബോധം പോലും അനുഭവപ്പെടില്ലല്ലോ ബോധത്തിനുള്ള അത് അനുഭവപ്പെടും അപ്പൊ അത് അനുഭവിക്കാൻ ഈ ശരീരത്തിന്റെ ആ ഒരു ആവശ്യമില്ല ശരീരം പോയാൽ ഗംഭീരമായിട്ട് സർവത്ര ശരീരം ഇരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിന്റെ ചെറിയൊരു കളഞ്ഞ കൂടി അങ്ങ് പോയാൽ നിസ്വമ വകുസ്വം ബ്രഹ്മ ഒരു അസ്ഥിത ആ ബ്രഹ്മ വപുസ് അങ്ങനെ അലംഘനീയമായി നിൽക്കും എന്നൊരു ബ്രഹ്മജ്ഞാനിക്ക് യാതൊരു സംശയവുമില്ല അതാണ് പരീക്ഷത്ത് പറയുന്നത് എനിക്കിനി ഒരു അംശയമില്ല തക്ഷയുമില്ല കടിയുമില്ല ഞാനുമില്ല പ്രപഞ്ചവുമില്ല അതാണ് അങ്ങെന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ബ്രഹ്മനിർവാണം ആ ബ്രഹ്മനിർവ്വാണത്തിൽ ഞാനിത് എത്തി നിൽക്കുന്നു എനിക്കിനി എന്താ പേടി ഭഗവൻ മൃത്യുഭ്യം നബിഭമ്യഹം തീർത്തും ഞാൻ ഭയപ്പെടുന്നില്ല അശേഷം ഭയമില്ല എന്തുകൊണ്ട് പ്രവിഷ്ടോ ബ്രഹ്മനിർവാണമഭയം ദർശിതം ത്വയാ അങ്ങ് കാണിച്ചു തന്ന ബ്രഹ്മനിർവാണം ഞാനിത് അപൂർണിമമായി അനുഭവിക്കുന്നു ഭഗവൻ ഒന്നിനെ സംശയിക്കണ്ട അജ്ഞാനം ചിരസ്തമേ എന്റെ അജ്ഞാനം പൂർണിമമായും പോയിരിക്കുന്നു എന്താ ്രഹ്മമല്ലാതെ മറ്റെന്തെങ്കിലും ഇവിടെ ഉണ്ടെന്ന് തോന്നലാണ് അജ്ഞാനം അജ്ഞാനം അന്യഭാവം അജ്ഞാനം അന്യവസ്തുണ്ട് എന്ന തോന്നലാണ് അജ്ഞാനം ഖഡ്യാംഗനും ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു ഹിത്വ അന്യഭാവമജ്ഞാനം മറ്റൊന്നുണ്ടെന്നുള്ള തോന്നലിനാണിത് ആ പാടെ ഉപേക്ഷിച്ചിട്ട് ഹിത്വ അന്യഭാവം അജ്ഞാനം വിശ്വകർത്തൃന ഈ മായാ മായാ ദൃശ്യങ്ങളെയൊക്കെ ഞാൻ ആ ഭഗവാൻ തന്നെയാണെന്ന് കണ്ട് ഞാനിതാ ആ പരമനായ നാരായണ പദത്തിലേക്ക് കിടക്കുന്നു എന്നല്ലേ ഖദ് അത് തന്നെയാണ് ഇവിടെ പരീക്ഷിത്വം പറയുന്നത് അജ്ഞാനം ചരസ്തമേ അജ്ഞാനം അന്യഭാവം എത്ര അന്യപ്പശ്യത്തി എത്ര അന്യ ശൃണോതി എത്ര അന്യ പശ്യത്തി അന്യത് വിജാനാതി തതൽപ്പം അവിടെ സുഖമില്ല ഇതാണ് നാരദനോട് ശനക്കുമാരൻ ചാന്ദോക്യൂപുരക്ഷത്തേഴാം അധ്യായം ഭൂമവിദ്യ പറയുന്നത് അല്ല നല്ലതായി എവിടെയാണോ വേറെ ഒന്നുണ്ടെന്ന് തോന്നുന്നത് വേറെ ഒന്ന് കേൾക്കുന്നത് വേറെ ഒന്ന് അനുഭവിക്കുന്നത് അല്പം സ്പഷ്ടമല്ലേ അപ്പൊ രണ്ട് വസ്തു പലതായി അംശവംശമായി തെങ്ങിപ്പോയി നിലമറിച്ച് എത്ര നാനൃപ്പശ്യതി നാന്യശ്രണോതി നാന്യ പശ്യതി നാന്യ വിജാനാതി അതാണ് പൂർണ്ണ സത്യം ഭൂമാവൈ സുഖം എന്നെ നാൽപ്പേ സുഖമസ്തി അല്പത്തിൽ സുഖമില്ല അത് ബുദ്ധി അത് ദുഃഖകരം സത്യം അനർത്ഥം അതാണ് മുണ്ടകരുഷത്തിന്റെ പ്രഖ്യാപനം ഈ സത്യമേ ജയിക്കൂ അനർദം ജയിക്കുകയില്ല എന്ന് വെച്ചാൽ എന്താ അനർഥം ദുഃഖിപ്പിക്കും സത്യം സുഖിപ്പിക്കും ഇത് ഇതങ്ങോട്ടും മനസ്സിൽ കുറച്ച് നാളെ ഉറപ്പിച്ചഭ്യസിക്കുക രഹസ്യം കൃഷ്ണൻ പറയുമ്പോൾ സർവ പരമരഹസ്യം വേറെ ആരോടും പറയണ്ടോ ഞാൻ എല്ലാത്തിനെയും ബ്രഹ്മമായി കാണാൻ തീരുമാനിച്ചു എന്തു ആവട്ടെ നല്ലോ ഈത്തന്നോ ആണെന്നോ പെട്ടെന്നോ ഏർ മൃഗമെന്നോ പക്ഷി എന്നോ ഏർ അങ്ങനെയൊന്നും ഒരു ഭേ ഭേദഭാവവും വെക്കുന്നില്ല ഉള്ളുകൊണ്ട് പലതും അഭിനയിക്കും ഇതൊന്ന് സ്ഥിരമായി നമ്മൾക്ക് ഉറച്ചു കുറച്ചുനാൾ അഭ്യസിക്കുക കുറച്ച് നാൾ എന്തൊരു അത്ഭുതമായ മാനസിക പരിവർത്തനം ഉണ്ടാവും വീട്ടിനകവും പുറവും ലോകവും ഒക്കെ ആനന്ദം കൊണ്ട് പറയും പൂർണ്ണയ മനസ്സി സമ്പൂർണ്ണം ജഗത് സർവൻ സുതാഗ്രതയെ ഇവിടെ സുഖം ഉണ്ടാക്കാൻ നിങ്ങളുടെ മനസ്സ് ശുദ്ധസുഖം കണ്ടെത്തു സർവത്ര സുഖം ഈ ലോകത്തിലേറെ എവിടെ എന്ത് നടന്നാലും സുഖമെന്ന് എൻ്റെ മനസ്സിൽ സുഖമേ ഉള്ളൂ എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ പുറത്തുതാവും ഇതാണ് നിയമം എൻ്റെ ഉള്ളിൽ ദുഃഖമാണെങ്കിൽ എനിക്ക് ദുഃഖമേ ഇനി എത്ര കോടിക്കണക്കിന് പണം സമ്പാദിച്ചാലും ദുഃഖമേ കാണാൻ പറ്റൂ എൻ്റെ ഉള്ളിൽ സുഖമുണ്ടെങ്കിൽ ഞാനൊരു ദരിദ്രനായിക്കോട്ടെ എനിക്ക് സുഖം നിശ്ചയമായിട്ടും പുറത്തും കാണാൻ കഴിയും ഇതാണ് അത്ഭുതകരമായ ജീവിത രഹസ്യം അതിന് ഈ ഭേദചിന്ത പോവുക സർവം ബ്രഹ്മമയം എന്ന മനസ്സിനെ രഹസ്യമായി പഠിച്ചുറപ്പിക്കുക അങ്ങനെ രാഗദ്വേഷങ്ങൾ പോക്കുക പോക്കിയാൽ അന്തശീത ഇവ ഗുണസമാഹാരം അനിത്യത്വേന പശ്യത്ത അന്തശീതലായ സമാധിരുതി കഥ്യത്തെ ഈ അന്തശീതലതയാണ് സമാധി അല്ല കണ്ണു അടച്ചിരിക്കലല്ല ഈ മായാകുണ സമാഹാരമൊന്നുമില്ല ഇതിൽ ഒരു കഴമ്പില്ല വസ്തുവന്നേ ഉള്ളൂ എന്നുള്ളിൽ ആർ കുറപ്പ് വരുന്നോ അദ്ദേഹത്തിന് അന്തശീതളത്ത ഒരിക്കലും വിട്ടുപോകാത്ത അന്തശീതളത യുദ്ധമധ്യത്തിൽ പോലും ആ ശീതളതയാണ് സമാധി ഞാൻ സമാധി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടിരിഞ്ഞാലും എവിടെ ചെന്നാലും നല്ല അന്തശീതവത്ത അന്തശീത തത് അനന്തപലം എ മറ്റൊന്നിനെ ആശ്രയിക്കാത്ത അന്തശീതല അതനന്തപലം ഈ സർവം ബ്രഹ്മമയം വന്ന് മനസ്സിനെ പഠിപ്പിച്ച് അങ്ങനെ ഏകാഗ്രപ്പെടുത്തി ഉറയ്ക്കുന്ന ഒരാളിന് അതിവേദം അത് കിട്ടും പരീക്ഷത്തിന് അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഭഗവാനെ അജ്ഞാനം ചെ നിരസ്തമേ എന്റെ അജ്ഞാനമൊക്കെ പോയിരിക്കുന്നു അജ്ഞാനം എന്താ ജ്ഞാന വിജ്ഞാനനിഷ്ഠയാൽ കൂടി ഞാൻ സിദ്ധാന്തപരമായി തത്വം ഗ്രഹിച്ചു ഞാൻ പിന്നെ അത് അനുഭവിച്ചു ഏഴ് ദിവസം കൊണ്ട് അനുഭവിച്ചു അനുഭവിച്ചു നേരത്തെ തന്നെ കുറെ ഒക്കെ ആലോചിച്ചുറപ്പിച്ചിരുന്നു അവൾ കണ്ടില്ലേ പ്രായോഗത്തിന് മുമ്പ് എന്താ പറയുന്നത് അഥവാ വിഹായ്മം ജലൂഹം വിമർശിക്കു ഹേതയാ പുരസ്ത നേരത്തെ തന്നെ പുന്മാരും കൃഷ്ണനും ഒക്കെയുള്ള അവരും ഒക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട് ഗീതയൊക്കെ ഉപദേശിച്ചെന്നൊക്കെ കേട്ട് ചിലപ്പോൾ ഗീതയൊക്കെ കുറച്ചൊക്കെ വായി അങ്ങനെ ഞാൻ എന്തായാലും ഈ ജഗത്ത് അതിനിസ്സാരമായ ജലമാണെന്നും നേരത്തെ തന്നെ തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു അഥവാ വിഹായോഗം അവം ജലോകം വിമർശിതൗ ഹേയതയാ പുരസ്ത പണ്ടേ തീരുമാനിച്ചു ഇനി എന്താ അതിന് ഏകാന്തമായ കൃഷ്ണാഘരി സേവനം അതായത് ആ സത്യം അന്വേഷിക്കുന്നു അപ്പോശിവന്റെ അടുത്തിരുന്നു അത് കേൾക്കും തോറും ഇത് ഉറപ്പുവന്നു ഭഗവൻ എനിക്കിപ്പോ അജ്ഞാനം പോയി അജ്ഞാനിച്ച് നിരസ്തമേ ജ്ഞാന വിജ്ഞാനനിഷ്ഠയ എന്താ കാര്യം ഭഗതാ ദർശിതം ഏന പരം ഭഗവത പദം ആ ജഗതീശ്വരന്റെ പരമമായ സ്ഥിതി അങ്ങ് എനിക്ക് കാണിച്ചു തന്നു ഭഗവതാ ദർശിതം യേന അത് കാട്ടിത്തന്നു ഭഗവതാ ദർശിതം ഏന പരം ഭഗവത ആ ഭഗവാന്റെ പരമപദം കേട്ടിട്ട് പേടിക്കാനില്ല ഇതാ ഇപ്പൊ നമുക്ക് പ്രാപിക്കാം എന്താ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അല്ല ഇവിടെ പോയി ഇനി ഇതൊക്കെ അങ് അവിടെ ഒക്കെ ചെന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമല്ലേ സർ ഓരോടും കൊണ്ട് ഇപ്പം ഇവിടെ ഇരുന്ന് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് ഉറക്കുമോ മനസ്സിന് അതാണ് ഭഗവത പദം അതങ്ങ് കാണിച്ചതും യുക്തി കൊണ്ട് ആദ്യം ഞാൻ മനസ്സിലാക്കി പിന്നെ ജ്ഞാനം സിദ്ധാന്തപരമായ അറിവ് തിയറിറ്റിക്കൽ നോളജ് അവർ വേദാന്തത്തിൽ പറയുന്നത് പരോക്ഷജ്ഞാനും വിജ്ഞാനം അനുഭവം അപരോക്ഷജ്ഞാനും അതങ്ങോട്ട് ആനന്ദ ഉള്ളിലാനന്ദം നിറഞ്ഞ് എല്ലാം ഒന്നെന്ന് അനുഭവപ്പെടുന്നു അവരെന്തും എനിക്കിപ്പം നല്ലതെന്ന് അനുഭവപ്പെടുന്നു അജ്ഞാനം ത നിരസ്തമേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാവത ദർശിതം ഏന പരണും ഭഗവത പദം അങ്ങീറ്റത്യാസപദം അങ്ങനെനിക്ക് കാണിച്ചു തന്നു അങ്ങനെ കാണിച്ചു തന്നതുകൊണ്ട് ഞാനതിൽ നല്ല വണ്ണം ഉറച്ചിരിക്കുന്നു എന്തായാലും ശിവദ്ര സന്തോഷമായി പരീക്ഷിച്ച് എനിക്ക് വളരെ സന്തോഷം ഞാൻ ഏഴ് ദിവസം നിങ്ങളുടെ അടുത്തിൽ ഇന്ന് പറഞ്ഞു തന്നത് ഫലിച്ചെല്ലോ അതായത് ഒരു സത്യദർശിക്ക് ആ പറഞ്ഞു കേൾക്കുന്നവരിൽ ആ സത്യം ഫലിക്കുന്നു എന്ന് കാണുന്നതിനേക്കാൾ മറ്റൊരു സന്തോഷം ഇവിടെ വരാനേ ഇല്ല ഓ എനിക്ക് വളരെ സന്തോഷം എന്നാൽ ഞാൻ പോട്ടെ ആ ശരി ഭഗവാൻ അങ്ങ് പോകണം ഇനി ഒട്ടും സംശയം വേണ്ട അങ്ങക്ക് ഞാൻ പേടിക്കുമെന്നോ അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടും വേണ്ട അങ്ങ് പോകണം എന്ന് പറഞ്ഞ് ശുഗനയാത്രയാക്കി പരീക്ഷിച്ച് തുടങ്ങിയതും പ്രാക്കൂലെ ബർഹിശ്വാസീനു ഗംഗാകൂല മുതൽ മുഖ പ്രാക്കൂലെ ഗംഗയുടെ കിഴക്കേക്കരയിൽ അങ്ങോട്ട് വടക്കോട്ട് മുഖമായി ദർഭവിരിച്ച് അതിൽ ഉറച്ചിരുന്ന് പ്രാക്കൂലയെ ബർഹിശ്വാസീനു ഗംഗാകുളിയുടെ ഉദന്മുഖ ബ്രഹ്മഭൂതോ മഹായോഗി ആരവിട്ടിരുന്നത് പരീക്ഷിത്തൊന്നുമല്ല ബ്രഹ്മമായി ഭവിച്ച മഹായോഗി ബ്രഹ്മഭൂതോ മഹായോഗി നിസ്സംഗ ചിഹ്ന സംശയ അദ്ദേഹത്തിന് ഒന്നിനോടും സംഘമല്ല തന്റെ ശരീര ശരീരമില്ല നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ആ ശരീരത്തൊന്നും കാണില്ല ഞാൻ തക്ഷകനെയും കാണില്ല ബ്രഹ്മഭൂതവ മഹായോഗി നിസ്സംഗ ചിഹ്ന സംശയ നമ്മൾ ഈ ഭക്തി ഭക്തി എന്നൊക്കെ പറയുന്നല്ലേ ഗീതയിൽ ഭഗവാൻ എന്ത് പറയുന്നു ബ്രഹ്മഭൂതനാകുന്നതാണ് എന്റെ പരാഭക്തി ബ്രഹ്മഭൂത പ്രസന്നത്മാ ഗീത ബ്രഹ്മഭൂത പ്രസന്നത്മാശോചത്തി ന കാക്ഷത്തി അദ്ദേഹം ദുഃഖിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നില്ല സമസർവേഷു ഭൂതേഷു ഭേദചിന്തപൂർണമായി പോയി ഒക്കെ ബ്രഹ്മേ മത്ഭക്തി ലഭത്തെ പരാം ഇവിടെ എത്തുമ്പോഴാണ് അർജുന എന്റെ പരാഭക്തി വന്നു ചേരുന്നത് അല്ലാത്തതൊക്കെ ആ ഭക്തിങ്ങനെ പേര് പറയുന്നു എന്നേ ഉള്ളൂ എന്റെ ഈ ബ്രഹ്മങ്ങളായി ഭവിക്കരിക പ്രസന്നനായി തീരുക സകലിലും ഭേദജിന്ത ഉപേക്ഷിച്ച സമഭാവം കണ്ടെത്തുക പരീക്ഷിച്ച് അവിടെ എത്തിയിരിക്കുന്നു ആ പരാഭക്തിയിൽ എത്തിയിരിക്കുന്നു ബ്രഹ്മഭൂത ഭൂതനായി പ്രാക്കൂലെ ദർഹിഷ്യാസീനോ ഗംഗയുടെ കിഴക്കിക്കരയിൽ ദർഭ വിരിച്ചിരുന്ന ഉടൻമുഖ വളത്തോട്ട് മുഖമായിട്ട് അങ്ങോട്ട് ഈ പകപ്പിച്ചു ആര് ബ്രഹ്മഭൂതോ മഹായോഗി നിസ്സംഗ ചിഹ്ന സംശയ അപ്പോഴേക്കും ബ്രാഹ്മണവേഷം ധരിച്ച് തക്ഷകൻ അവിടെ ഇങ്ങനെ കാത്തു വെക്കുക എപ്പോഴാ ഇവനെ ഒന്ന് കടിക്കാൻ പറ്റുന്നത് എന്ന് കാമരൂപണിയായ തക്ഷകൻ ഭാഗവതം പറയുന്നത് ബ്രാഹ്മണ വേഷം ധരിച്ച് അവിടെ എത്തി എന്നാണ് പെട്ടെന്ന് ബ്രാഹ്മണവേഷം കളഞ്ച് കളഞ്ഞിട്ടായിരിക്കണം അത് ഭാഗത്ത് അവനെ വ്യക്തമായിട്ട് പറയുന്നില്ല കാമരൂപനാണ് തക്ഷകൻ എന്ന് പറയുന്നുണ്ട് അവക്ഷകന്റെ രൂപം കൈക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ കടിച്ചു അതെ ബ്രഹ്മഭൂതസ് രാജർഷേർ ദേഹോ കടിക്കഴിഞ്ഞതോടുകൂടി ബ്രഹ്മഭൂതസ് രാജർഷേർ ദേഹോ അഹിഗരഗ്ന ബഭൂവ ഭസ്മസ്യ പശ്യത്തോം സർവദേഹിന സക്കലരും നോക്കി നിൽക്കുകയാണ് ദേവന്മാർ പോലും മുകളിൽ വിമാനങ്ങളിൽ വന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് പരീക്ഷിത്തിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷിത്തിനൊന്നും സംഭവിക്കുന്നില്ല നരമറിച്ച് നോക്കി നിൽക്കുന്നവർക്ക് എന്ത് സംഭവിച്ചു ബ്രഹ്മഭൂത രാജർഷേർ ദേഹോ ബ്രഹ്മഭൂതനെ അവൻ എടുത്തു പറഞ്ഞത് പരീക്ഷത്തിനേ ഒന്നുമില്ല അവിടെ ദേഹവും ഇല്ല ഭസ്മീകരിക്കാനുള്ള ഒന്നുമില്ല നേരെ കണ്ടുതന്നവർക്ക് ദേവന്മാരുൾപ്പെടെ കണ്ടുതന്നവർക്ക് ബ്രഹ്മഭൂത രാജർഷേർ ദേഹോഹരളാഗ്ന ആ തക്ഷകന്റെ സദ്യ അപ്പതന്നെ പൂർണ്ണമായും ഭസ്മമായി പശ്യത്താം സർവദേഹിനാം സക്കരും നോക്കി നിൽക്കുകയാണ് എല്ലാവരും വിസ്മയഭരിതരായി പെരുമ്പരമുഴങ്ങി ജോഘോഷം സർവത്ര വ്യാപിച്ചു ആശ്ചര്യവാശ്ചര്യം എന്ന് എല്ലാവരും കണ്ടുനിന്നു ഇതാണ് പരീക്ഷിത്തിൻ്റെ ബ്രഹ്മപ്രവൃത്തി ബ്രഹ്മത്തെ പ്രാപിച്ചു എന്ന് പറയണോ പരീക്ഷിത് ബ്രഹ്മം നേരത്തെ തന്നെ ശരീരം പോയപ്പോ പ്രാപിച്ചു എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല എന്ത് ഗംഭീരമായ സന്ദർഭം ഈ സന്ദർഭത്തിലെ ഈ ശ്ലോകങ്ങളൊക്കെ വെറുതെ നടന്ന് വായിച്ചു ആ അങ്ങനെയല്ല ഇതൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കുറച്ചെങ്കിലും ഇത് സ്വാംശീകരിക്കുക ഇത് സ്വാംശീകരിക്കാൻ പ്രയാസമൊന്നുമില്ല ബ്രഹ്മം നമ്മുടെ ഉള്ളിൽ വ്യക്തമായിരിക്കുന്നു ഞാൻ ഞാൻ എങ്ങനെ അതിനെ ഒന്ന് ശുദ്ധമാക്കണം അത് വെറുതെ അതുകൊണ്ട് ചെയ്ത് കർമ്മം ചെയ്ത് അത് ചെയ്ത ശുദ്ധമാകില്ല എന്ത് വേണം ചെയ്തുകൊള്ളുക ദിവസേന ഭേദചിന്തയും രാഗദ്വേഷവും കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന അന്തരമുഖമായി ഒന്ന് പരിശോധിച്ചുകൊള്ളുക അതിന് ജഗദീശ്വരൻ നമ്മെയൊക്കെ അനുഗ്രഹിക്കുവാട്ടെ നമസ്കാരം